പതിനഞ്ചും അനന്തരം ശമു ശോട് പറഞ്ഞതെന്തെന്നാൽ യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ അതുകൊണ്ടിപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവരുമ്പോൾ വഴിയിൽ വച്ച് അമാലേഖ് അവരെ ആക്രമിച്ചു അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു ആകയാൽ നീ ചെന്ന് അമാലേഖരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമ്മൂലമാക്കിക്കളകള അവരോട് കനിവ് തോന്നരുത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുതാത്ത എന്നിവയെയും സംഹരിച്ച് കളകള എന്നാറ ഷൌൻ ജനത്തെ ഒന്നിച്ചു കൂട്ടി തെലായിമ്മിൽ അവരെ എണ്ണി യഹൂദ ഗോത്രക്കാരായ പതിനായിരം പേർ ഒഴിക്കേക്ക് രണ്ടു ലക്ഷം കാലാൾ ഉണ്ടായിരുന്നു പിന്നെ അമാലേക്കരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരുപ്പാക്കി എന്നാൽ ഞാൻ നിങ്ങളെ കൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് പുകവിഞ്ഞി ഇസ്രയേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കെഞ്ഞ് അമാല്യക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നെ ഹവില മുതൽ മിസ്രീമിനെ കിഴക്കുള്ള ഷൂർ വരെ അമാല്യക്കരെ സംഹരിച്ചു അമാല്യക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു ജനങ്ങളെയൊക്കെയും വാളിന്റെ വൈത്തലയ നിർമൂലമാക്കി എന്നാൽ ഷൌലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയേയും കുഞ്ഞാടുകളെയും ഉത്തമമായവയെ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു വെച്ചു എനിക്ക് മനസ്താപമായിരിക്കുന്നു അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല ഇതിങ്കൾ വ്യസനമായി അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു ഷമുവേൽ ഷൌലിനെ എതിരേൽപ്പാൻ അതികാലത്ത് എഴുന്നേറ്റപ്പോൾമേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ ഗിൽഗാലിലേക്ക് പോയി എന്നും ശമുവേലിന് അറിവ് കിട്ടി പിന്നെ ശമുവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൌലവനോട് യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശമുവേൽ എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത എന്ന് ചോദിച്ചു അവയെ അമാലിയ്ക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു ജനം ആടുകളിലുമേത്തരമായവയെ നിന്റെ ദൈവമായ ഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചിരിച്ചു ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൌൽ പറഞ്ഞു പറഞ്ഞു ശമുവേൽ ശൗലിനോട് യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോടരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു അവനവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു അപ്പോൾ ശമുവൽ പറഞ്ഞത് നിന്റെ സ്വന്ത നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രയേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു നീ ചെന്ന് അമാല്യകരായ പാപികളെ നിർമ്മൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു അങ്ങനെയിരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത് ശൌൽ ശമുകലിനോട് ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേഖ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു അമാലേക്കരെ നിർമ്മൂലമാക്കി കളഞ്ഞു എന്നാൽ ജനം ശബദാർപിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്ന് എടുത്തെത്ത് ഗിൽഗാലി നിന്റെ ദൈവമായ യഹോവയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശമുവൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പനവന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഇതാണ് അനുസരിക്കുന്നത് യാഗത്തെക്കാളുമ്പോഴും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെ കാളുമ്പോഴും നല്ലത് മത്സരപരം ആഭിചാരദോഷം പോലെ മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു നീ യഹോവിയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നുവെലിനോട് ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവിയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണ്ണമേ എന്ന് പറഞ്ഞു ഷമുവേൽനോട് ഞാൻ പോരുകയില്ല നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു പിന്നെ ഷമുവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവന്റെ നിലങ്കിയുടെ വിളുംപ് പിടിച്ച് വലിച്ചു വെച്ചു അത് കീറിപ്പോയി ഷമുവേൽ അവനോട് യഹോവ ഇന്ന് ഇസ്രയേലിന്റെ രാജത്വം നിങ്ങൾ നിന്ന് കീറി നിന്നെക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു ഇസ്രയേലിന്റെ മഹത്വമായവൻ ഫോഷക്കു പറയുകയില്ല അനുദപിക്കുകയുമില്ല അവൻ മനുഷ്യനല്ല എന്നു പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രയേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണമേ എന്നപേക്ഷിച്ചു അങ്ങനെ ഷമുവെലിന്റെ പിന്നാലെ ചെന്നു ശൌൽ യഹോവയെ നമസ്കരിച്ചു അനന്തരം ശമുവെ അമാലേഖരാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേൽ എന്ന് കൽപ്പിച്ചു ആഗാഖ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകും എന്ന് ശമുവൽ പറഞ്ഞു ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ െട്ടിക്കളഞ്ഞു പിന്നെ ശമുവേൽ രാമയിലേക്ക് പോയി ശൌലും ശൌലിന്റെ തിബേയെ അരമനയിലേക്ക് പോയി ശമുവേൽ ജീവപര്യന്തം ശൌലിനെ പിന്നെ കണ്ടില്ല എങ്കിലും ശമുവേൽ ശൌലിനെക്കുറിച്ച് ദുഃഖിച്ചു യഹോവയും താൻ ശൌലിനെ ഇസ്രയേലിനെ രാജാവാക്കിയതുകൊണ്ട് അനുദപിച്ചു